പന്തലുകളുള്ളതും പന്തലുകളില്ലാത്തതുമായ തോട്ടങ്ങളും ഈന്തപ്പനകളും വിവിധ തരം ഫലങ്ങളുള്ള കൃഷികളും ഒരേപോലെയുള്ളതും അല്ലാത്തതുമായ ഒലീവും മാതളനാരങ്ങയും സൃഷ്ടിച്ചത് അവനാണ് ഫലങ്ങളുണ്ടാകുമ്പോൾ അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക വിളവെടുക്കുന്ന ദിവസം അതിന്റെ അവകാശം നൽകുക നിങ്ങൾ അതിരുകടക്കരുത് തീർച്ചയായും അതിരുകടക്കുന്നവരെ അവൻ ഇഷ്ടപ്പെടുന്നില്ല